ാം അവരെയെല്ലാം ഒരുമിച്ചു ഒരുമിച്ചു കൂട്ടുന്ന ദിവസം പങ്കു ചേർത്തവരോട് നാം പറയും നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുക അങ്ങനെ നാം അവർക്കിടയിൽ വേർതിരിവു വരുത്തും അപ്പോൾ അവരുടെ പങ്കാളികൾ പറയും നിങ്ങൾ ഞങ്ങളെ